മഹത്വം ദൈവം ഇന്ന് കൽപ്പിച്ച ഭജനത്തിനെ പോലത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് ഷീമോൻ്റെ ഭവനത്തിലേക്ക് ഷീമോന് കർത്താവിനെ ഒരുപക്ഷെ ഒരുപാട് ഒരുങ്ങിയ ശേഷമാണ് വിളിക്കുന്നത് എൻ്റെ ഭവനത്തിലേക്ക് ഒരുപക്ഷെ പല ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് കർത്താവ് തൻ്റെ ഭവനത്തിൻ്റെ അടുത്തേക്ക് അടുത്ത് ആ നാട്ടിൽ കൂടെ കടന്നു പോകുമ്പം എനിക്ക് വീട്ടിൽ വിളിക്കണം അവന് സദ്യ കൊടുക്കണം നല്ലൊരാഗ്രഹമാണ് വളരെ കരുതലോടെ ഒരു പക്ഷേ അതിരാവിലെ തൻ്റെ ഏറ്റവും നല്ലൊരാട്ടിൻ കൂട്ടത്തിൽ നിന്നുള്ളതിനെ പിടിച്ചല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം വളരെ ശ്രമത്തോടെ ആയിരിക്കാം കർത്താവിനായിട്ട് അവിടുന്നൊരുക്കിയത് ഞാൻ ഇന്ന് രാവിലെ ഭദ്രത പറഞ്ഞപ്പോൾ തൻ്റെ ഭവനത്തിലേക്ക് കത്താവിനെ കൈക്കൊണ്ട രണ്ട് മറ്റൊരു വ്യക്തിയെക്കൂടെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നമ്മൾ ഏഴാം അധ്യായത്തിൽ നിന്ന് സീമോനെ കണ്ടതുപോലെ ലൂക്കോസിന് അനുസരിച്ച് പത്തൊമ്പതാം അധ്യായത്തിൽ മറ്റൊരു പ്രമാണിയേയും നാം കാണുന്നുണ്ട് ആരാത് നമ്മൾ സക്കായി എന്ന് പറയുന്ന ധനികനും തന്നെ പറ്റി പറയുന്നെങ്ങനെയാണ് പ്രമാണിയും ധനവാനുമായി സക്കായി അവൻ ടാക്സ് കളക്ടർ എന്ന് മാത്രമല്ല ചീഫ് ടാക്സ് കളക്ടറാണ് സമൂഹത്തിൽ വളരെ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷണർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വളരെ ഉന്നതമായൊരു പദവി കൂടാതെ താൻ ആ ആളെ പറ്റി ആ താനും കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കർത്താബനെ കൈക്കൊണ്ടുവെന്ന് നാം താഴേക്ക് വായിക്കുന്നുണ്ട് ഇത്രമാത്രം സമൂഹത്തിൽ നിലയും വിലയുമുള്ളവൻ കർത്താവിനെ കാണുവാനായിട്ട് ഓടുന്നതായിട്ട് നോക്കുക ആൾക്കാരിങ്ങനെ വെളി ജനക്കൂട്ടം കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ കർത്താവിനെ കാണുവാനായിട്ട് മുമ്പോട്ട് ഓടുന്നു എന്നാണ് പത്തൊമ്പതാം അധ്യായ നാലാം വാക്യം അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി കയറി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ നമ്മളിന്ന് ഈ നിലയിൽ സമൂഹത്തിൽ ജനമെല്ലാം ബഹുമാനിക്കുന്ന ഒരുവൻ കത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ഈ ഓടി ഓടിച്ചെന്നൊരു മരത്തിൻ്റെ മുകളിൽ വെളിഞ്ഞു കയറുന്ന ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി ഞാനിന്ന് ബദൽ പറഞ്ഞു മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തിൽ തനിക്കൊരു കുറവ് ഒരു ദാഹം തൻ്റെ ജീവിതത്തിൻ്റെ അപര്യാപ്തതയെപ്പറ്റിയുള്ള ബോധ്യം എത്ര എത്ര എത്ര വലിയൊരു ദാഹമായിട്ടാണ് തൻ്റെ പദവിയും ഉന്നതിയും ഒക്കെ മറന്നു കളഞ്ഞത് അവിടെ താൻ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒട്ടും പ്രിപ്പയർഡല്ല അവൻ്റെ വീട്ടിൽ സദ്യയൊന്നും അവനും കരുതി വച്ചിട്ടില്ല പക്ഷേ എങ്കിലും കർത്താവ് സഖായോട് പറയുന്നു സക്കായി വേഗം ഇറങ്ങിയവ ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അവിടെ നമ്മൾക്ക് ആറാം അധ്യായത്തിൽ ആറാം വാക്യം വായിക്കുന്നു ബന്ധപ്പെട്ടിറങ്ങി വളരെ വേഗത്തിലിറങ്ങി അതിസന്തോഷത്തോടെ തൻ്റെ വീട്ടിലൊന്നുമില്ല താൻ ധനികനാണ് താൻ ഉന്നതനാണ് പക്ഷേ കർത്താവിന് വേണ്ടി കരുതുവാൻ തൻ്റെ തൻ വീട്ടിൽ പ്രിപ്പയർഡല്ല എങ്കിലും വളരെ സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്ന് നാം വായിക്കുന്നു നോക്കുക അവിടെ ആ ഉപമയുടെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ അവസാനം കർത്താവിന് അവനെ പറ്റിയൊരു സാക്ഷ്യം പറയുന്നുണ്ട് ഇവനും ഒമ്പതാം വാക്യം അബ്രാഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിൻ്റെ രക്ഷ വന്നു കർത്താവിന് വേണ്ടി കരുതി കാത്തിരുന്ന് വലിയ സദ്യ ഒരുക്കി കർത്താവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന സീമോൻ അങ്ങനൊരു സാക്ഷ്യം കേട്ടില്ല മറിച്ച് താന് ഒരു ജീവിതത്തിലെ ഒരു ദാഹം നാം കേട്ട വചന പോലെ ഒരു മാൻ നീർത്തിയോടിനായി ദാഹിക്കുന്നത് പോലെ കാംഷയോടെ കത്താവിനെ കാണുവാനായിട്ട് അത്തിമ കാട്ടത്തിമേൽ കയറിയ സക്കായിയോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്താണ് എന്താണ് കാര്യം എന്താണ് വ്യത്യാസം ഏഴാം വാക്യം പത്തൊമ്പതിൻ്റെ ഏഴിലൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ഈ ഉന്നതനായ മനുഷ്യൻ കാട്ടത്തിമേൽ നിന്നൊക്കെ ഇറങ്ങി ഓടി വന്ന് കത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക കത്താവിനെ നമുക്ക് പോകാം അതെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പോകുമ്പോൾ ഏഴാം വാക്കത്തിൽ നമ്മളൊരു വളരെ ദുഃഖകരമായൊരു കാര്യം കാണുന്നുണ്ട് ഇങ്ങനെയാണ് കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പുറപ്പെടുത്തു അവിടെ ഒരായിരം പേരാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക ആയിരം പേരും പറഞ്ഞു എന്നാ പറഞ്ഞത് നോക്കൊരു പാപിയായ മനുഷ്യൻ പാപിയായ മനുഷ്യൻ അവൻ്റെ കൂടെ പോവുക കർത്താവ് ഇതെന്ത് എന്തൊരു കാര്യം എന്തൊരു ന്യായം നമ്മളെന്താണ് ചെയ്യുക നമ്മളിങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു മാന്യതയൊക്കെ കെട്ടി വേ ഒരു വേഷം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ കത്താവ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ കുറ്റം വിധിക്കുന്ന ഒരു നിരകീടെ മധ്യയെ കത്താവിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് കാത്താവ് ഇത് വേണ്ടി നിർത്തി വെക്കും കതാവ് വേഗം നടക്കാം വെയിൽ കൂടുന്നതിന് മുമ്പ് വീടിച്ചെല്ലാം കാരണം തന്നെ പറയുന്ന ഈ കമൻസൊക്കെ കത്താവ് കേൾക്കാതിരിക്കട്ടെ എന്ന് ഇന്ന് നമ്മൾ കേട്ടത് പോലെ ഒരു മുഖം മൂടി നമ്മളിടാറില്ലേ പക്ഷേ എട്ടാം വാക്യം നമുക്ക് എത്രയാത്ഭുതകരമായൊരു കാര്യം സക്കായിയോ നിന്നു അതേ തുടർന്ന് കർത്താവിനോട് കത്താവ് എൻ്റെ ഞാൻ ദരിതൽ കൊടുക്കുന്നു വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടക്കി കൊടുക്കുന്നുവെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് കത്താവിനെ കൂട്ടിക്കൊണ്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടിയ ജനത്തിനുമധ്യേ സക്കായി സന്തോഷത്തോടെ പോകുമ്പോൾ തന്നെപ്പറ്റി ആരോപണം പറയുന്ന നൂറ് കണക്കിന് ആൾക്കാർ എല്ലാവരും വിരൽച്ചോണ്ടിന്നു പാപി പാപി പാപി സഖായ് പറയാ ലോഡ് ഒന്ന് നിൽക്കാമോ കഥാവേ ഒന്ന് നിൽക്കാമോ അവർ പറയുന്നത് എന്താണെന്ന് അങ്ങനെ കേൾക്കാമോ അവിടെ നോക്കുക ഇപ്പോൾ എന്താണ് സംഭവിച്ചത് തന്നെ സത്യത്തെ ആ മുമ്പിൽ ആ സത്യത്തിന് മുമ്പിൽ നാം നിൽക്കാറുണ്ടോ തന്നെക്കുറിച്ച് ആ ജനം പറഞ്ഞ സത്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകാതെ കഥാവിനോട് പറയാ ലിസൺ ലോഡ് ലിസൺ ലോഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് മീ ഞാൻ എന്നെ കുറിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് ആചത്ര ഈ ഒരു കാര്യമാണ് ഭദ്ര പറഞ്ഞപ്പോൾ കടന്നു വന്നത് കഥാവേ എന്നെ കുറിച്ചുള്ള സത്യത്തിൻ്റെ സത്യസന്ധതയോടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് ആ മാനസാന്തരമാണ് എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ കൊടുക്കുന്നു നമുക്ക് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവത്തിൻ്റെ പ്രമാണത്തിനപ്പുറം മുഴുവനായും പകരം കൊടുക്കുന്ന നമുക്ക് നാലിരട്ടിയൊന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയല്ല അതിലൊക്കെ വളരെ ഉപരിയാണിത് നാലിരട്ട് ഞാൻ പകരം കൊടുക്കുന്നു അവിടെ കർത്താവ് ഒരു കാര്യം പറയുന്നു എന്താ പറഞ്ഞത് ഞാൻ നമ്മൾ ചിന്തിച്ചു ഇവനും അബ്രാഹാമിൻ്റെ മകൻ എന്നിട്ട് ഇന്ന് നാം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് ഇപ്പോഴേ അബ്രാഹാമിൻ്റെ മക്കളെന്ന് ക്ലെയിം ചെയ്ത പലരെയും നമ്മൾ വചനസിൽ കാണുന്നുണ്ട് അല്ലെ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം മാത്രം നോക്കാം യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ എട്ടിൻ്റെ മുപ്പത്തി അവർ അവനോട് അബ്രഹാമാകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നു അവിടെ കഥാപരോട് പറയുന്നുണ്ട് നിങ്ങൾ അബ്രാഹാമിൻ്റെ മക്കളായി എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ മുപ്പത്തിയേഴാം വാക്യം ഇങ്ങനെയുണ്ട് നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ഞാൻ അറിയുന്നു എങ്കിലും എൻ്റെ വചനത്തെ നിങ്ങൾ ഇടമില്ലായക കൊണ്ട് എന്നെ കൊല്ലുവാൻ നോക്കുന്നു ഈ മുപ്പത്തിയേഴും മുപ്പത്തൊമ്പതിനും ഇംഗ്ലീഷ് ബൈബിളിൽ രണ്ട് വാക്കുകളാണ് രണ്ട് വാക്കുകളാണ് ഐ നോ ദാറ്റ് യു ആർ എബ്രഹാംസ് ഡിസെൻ്റൻസ് അബ്രഹാമിൻ്റെ പിന്തുടർച്ചാവകാശികളെന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് മുപ്പത്തിയേഴിൽ പറയുമ്പോൾ കർത്താവ് തന്നെ വീണ്ടും മുപ്പ ഞങ്ങൾ മക്കളാണെന്ന് പറയുമ്പോൾ മുപ്പത്തൊമ്പതിൽ ഈഫ് യു ആർ എബ്രാഹാംസ് ചിൽഡ്രൺ എബ്രഹാംസ് ചിൽഡ്രൺ നോക്കുക എബ്രഹാമിൻ്റെ ഡിസെൻഡൻസ് അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരെന്നുള്ള ഒരു അവകാശം അവരെ എബ്രാഹാമിൻ്റെ മക്കളാക്കുന്നില്ല എന്താണ് വ്യത്യാസം എന്താണ് വ്യത്യാസം നമ്മൾ കേട്ടത് വചനത്ത വെളിച്ചത്തിൽ ഇങ്ങനെയാണ് നമ്മളവിടെ കർത്താവ് ഒരു കാര്യം അതിനെ തുറന്ന് താഴേക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെന്ന് സാത്താനുമായിട്ടുള്ള അല്ലെങ്കിൽ സാത്താൻ്റെ മക്കളെന്ന് അവരെ വിളിച്ച ശേഷം കത്താവ് പറയുന്നുണ്ട് ആ നമ്മമാരുടെ മോഹങ്ങളാണ് നാം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് പുത്രത്വത്തിൻ്റെ തെളിവ് നാം വീണ്ടും ജനിച്ച വിശ്വാസികൾ നിലയിൽ ഒരിക്കൽ പാപം ഏറ്റുപറഞ്ഞ് കത്താവിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെയും നാം നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെ മോഹങ്ങളാണ് ഇതാണ് യഥാർത്ഥത്തെ പുത്രത്വത്തിൻ്റെ വ്യവസ്ഥ എന്നാണ് കത്താവോട് പറഞ്ഞത് നമുക്ക് ആ ഒരു അർത്ഥത്തിൽ കത്താവ് സക്കായോട് പറയുന്നു ഇവനും അബ്രഹാമിൻ്റെ മകനാണ് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും ചെയ്യുവാനായിട്ട് പൂർണ്ണമായിട്ടും തന്നെ തന്നെ സമർപ്പിച്ച അബ്രഹാം ഇവിടെ സക്കായിയെപ്പോലെ തന്നെപ്പറ്റിയുള്ള സത്യത്തിന് മുമ്പിൽ നിന്നവൻ ദൈവം ബാകെ ഇപ്പോഴാണ് താഴ്മയുടെ മുമ്പിൽ അതാണ് യഥാർത്ഥ മാനസാന്തരം കർത്താവ് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിൻ്റെ രക്ഷ വന്നു ഇന്ന് നമുക്ക് കേട്ട ആദ്യത്തെ സിമൻ സൈമൻ്റെ ജീവിതത്തിൽ കത്താവിന് പറയാൻ കഴിഞ്ഞില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഈ യാഗത്തിൽ സക്കായിയെപ്പോലെ നമ്മെക്കുറിച്ചുള്ള സത്യം അതിൽ നിന്ന് ഒളിച്ചോടാതെ നമ്മൾ ആലോചിക്കുക ചിലപ്പോൾ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതികരണം എന്താണോ എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നാം അറിയുക നമുക്കും ഈ സത്യത്തോട് പ്രതിബദ്ധത നമ്മെക്കുറിച്ചുള്ള സത്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഈ സക്കായെ പോലെ മാനസാദനത്തിൽ ഒരു ജീവിതം ഓരോ ദിവസവും ദൈവവും ബാകെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ